അവർ ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ഓർക്കുക അള്ളാഹുവേ ഇത് നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങളുടെ മേൽ കല്ലുകൾ വർഷിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ നൽകൂ